അതുകൊണ്ട് ദുർഭാഗ്യകരമായ ദിവസങ്ങളിൽ ഞങ്ങൾ അവർക്കുമേൽ ശക്തമായ കാറ്റിനെ അയച്ചു ഐഹിക ജീവിതത്തിൽ അപമാനകരമായ ശിക്ഷ അവർക്ക് വേണ്ടിയായിരുന്നു അത് പരലോകത്തെ ശിക്ഷയാകട്ടെ കൂടുതൽ അപമാനകരമാണ് അവിടെ സഹായികളുണ്ടാകുകയുമില്ല